അവർ പറഞ്ഞു ഹൂദ അലഹിസലാം താങ്കൾ ഞങ്ങൾക്ക് വ്യക്തമായ യാതൊരു തെളിവുമായും വന്നിട്ടില്ല താങ്കളുടെ വാക്കുകൾ കേട്ട് ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയുമില്ല